നമുക്ക് ലഭിച്ച ദൈവവചനങ്ങൾക്കായിട്ട് നമുക്ക് ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കും നമ്മുടെ ഈ വേദോസ്തവത്തിൽ ഈ അധ്യായങ്ങൾ ഇപ്പം അധ്യായങ്ങളൊക്കെ പിന്നീട് ആളുകൾ അപ്പം അതൊരു ഒന്നിച്ച് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പുസ്തകമായിരുന്നു അപ്പോൾ അതിനെ വായിക്കാനുള്ള സൗകര്യത്തിനായിട്ട് ഓരോ സ്ഥലങ്ങളിൽ ഓരോ അധ്യായമായിട്ട് അത് തിരിച്ചതാണ് അപ്പോൾ നമ്മളിവിടെ യോഹനാൻ്റെ സുശേഷം പതിനാലാം അധ്യായത്തിൽ നിന്ന് നമ്മൾ വായിച്ചു ഒന്നാം വാക്യം നാം വായിച്ചു അപ്പോൾ ഒന്നാം വാക്യം നാം വായിക്കുമ്പോൾ ഒന്നാം വാക്യം പതിനാലാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം അവിടെയാണ് തുടങ്ങുന്നത് എന്നാൽ അതിൻ്റെ തൊട്ട് മുമ്പിൽ ഇത് പതിമൂന്നാം അധ്യായം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ തൊട്ട് മുൻപ് ഉള്ള രണ്ട് വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ അതിന് തൊട്ട് മുൻപുള്ള രണ്ട് വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു പത്രോസ് അവനോട് കർത്താവെ ഇപ്പോൾ എനിക്ക് നിന്നെ അനുഗമിക്കുവാൻ കഴിയാത്തത് എന്ത് എന്നിട്ട് പറയുന്നു ഞാൻ എൻ്റെ ജീവനെ നിനക്ക് വേണ്ടി വെച്ച് കളയും എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ജീവനെ നിനക്ക് വേണ്ടി വെച്ച് തീവ്രമായി കർത്താവിനെ ഞാൻ പിൻപറ്റും ഞാൻ നിനക്ക് വേണ്ടി എൻ്റെ ജീവനെ വെച്ച് എന്ന് പറഞ്ഞ പത്രോസ് അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ ചിന്തിച്ച വിശ്വാസത്തിൻ്റെയൊക്കെ കോണ്ടക്സ്റ്റിൽ നമ്മൾ ചിന്തിച്ച പത്രോസിൽ തന്നെ ചാരിക്കൊണ്ട് പത്രോസിൽ തന്നെ ആശ്രയിച്ചു പത്രോസ് പറയുകയാണ് ഞാൻ നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ നിനക്ക് വേണ്ടി വെച്ച് എന്ന് പറഞ്ഞ് ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത് പക്ഷേ അവനിൽ തന്നെ ആശ്രയിച്ചുകൊണ്ടാണ് അവൻ പറയുന്നത് അപ്പോൾ ഇരുപത്തിയെട്ടാം വാക്യത്തിൽ പറയുന്നു അതിന് യേശു നിൻ്റെ ജീവനെ എനിക്ക് വേണ്ടി വെച്ച് കളയുമോ ആമീൻ ഞാൻ നിന്നോട് പറയുന്നു നീ മൂന്ന് പ്രാവശ്യം എന്നെ തള്ളിപ്പറയുവോളം കോഴി കൂവുകയില്ല എന്നുത്തരം പറഞ്ഞു പത്രോസിനോട് കർത്താവ് പറയുകയാണ് ഞാൻ നിനക്ക് വേണ്ടി ജീവനെ വെച്ച് കളയുമെന്ന് പറഞ്ഞ ആളിനോട് പറയുകയാണ് നീ മൂന്ന് പ്രാവശ്യം എന്നെ തള്ളി പറയുമ്പോളും കോഴി കൂവുകയില്ല എന്നുത്തരം പറഞ്ഞു കർത്താവിന് ഭാവി അറിയാവുന്ന പത്രോസിൻ്റെ ജീവിതത്തിൽ മുമ്പോട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആ കർത്താവ് അത് കഴിഞ്ഞിട്ടാണ് അത് കഴിഞ്ഞിട്ട് ഉടനെ പറയുകയാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിക്കുവേൻ എന്നെല്ലാം വിശ്വസിക്കുവാൻ അതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ ആയിരിക്കുന്ന ചെറുപ്പക്കാരെ മുതിർന്നവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ തരത്തിൽ കർത്താവിനെ തള്ളി പറഞ്ഞു കർത്താവിനെ നോവിച്ചു കർത്താവിനെ വേദനിപ്പിച്ചു അതിനുശേഷം നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഹൃദയം കലങ്ങിയിരിക്കുന്നു എനിക്കെന്താണ് എനിക്കിനി എങ്ങനെയാണ് മുമ്പോട്ടൊരു വഴിയുണ്ടോ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമോ കർത്താവെ ഞാനങ്ങേ നോവിപ്പിച്ചല്ലോ ഞാനങ്ങേ തള്ളിപ്പറഞ്ഞല്ലോ എനിക്കെങ്ങനെയാണ് കർത്താവെ മുമ്പോട്ട് പോകാനായിട്ട് കഴിയുക എന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്നു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകേണ്ട നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുകയും എന്നിലും വിശ്വസിക്കുകയും ദൈവത്തിനിലേക്ക് എന്നിലൂടെ ഒരു വഴിയുണ്ട് ആറാം വാക്യം യേശു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുകയില്ല പിതാവിനോടുള്ള സമാധാനം ഞാൻ മുഖാന്തരമാണ് വരിക എന്നിലൂടെ പിതാവിൻ്റെ അടുക്കിലേക്ക് നിനക്ക് വരാനായിട്ട് കഴിയും എന്നിലൂടെ നിനക്ക് പിതാവിനോടുള്ള ആ ഉറ്റ ബന്ധത്തിലേക്ക് നിനക്ക് മടങ്ങി വരുവാനായിട്ട് കഴിയും എൻ്റെ ഹൃദയം ഇപ്പോൾ നീ കലങ്ങിപ്പോകേണ്ട എന്നിലൂടെ നിനക്ക് പിതാവിൻ്റെ അടുക്കിലേക്ക് വരാനും പിതാവിനോടുള്ള ആ ബന്ധത്തിലേക്ക് നിനക്ക് മടങ്ങി വരുവാനും കഴിയും നമുക്ക് എത്ര ഉത്സാഹം പകരുന്ന ഒരു കാര്യമാണ് നമുക്ക് നമ്മുടെ കുറവിൻ്റെ മധ്യത്തിൽ നമ്മുടെ വീഴ്ചയുടെ മധ്യത്തിൽ വീണ്ടും പിതാവിൻ്റെ അടുക്കലേക്ക് പിതാവിനോടുള്ള സമാധാനത്തിൻ്റെ ഒരു വഴി ഒരുക്കുന്ന ഒരു നല്ല ദൈവം ഹാലയിലൂയ്യ അത് അതിനുശേഷം ഇവിടെ ഇവിടെ ഇതാ പതിനാലാം അദ്ധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് വീണ്ടും അവിടെ പറയുന്നുണ്ട് ഇരുപത്തി ഏഴാം വാക്യം സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു അപ്പോൾ എന്നിട്ട് കർത്താവ് പറയുന്നു എൻ്റെ സമാധാനം എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് പ്രമിക്കയും കലങ്ങിയിരിക്കുന്ന ഹൃദയത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് യേശുവിലൂടെ ദൈവത്തോടുള്ള നിരപ്പും ദൈവത്തോടുള്ള സമാധാനവും നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയും എൻ്റെ സമാധാനം യേശുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് വരും അതിനുള്ള വഴി എന്താണ് അതിനുള്ള വഴി എന്താണ് പ്രിയമുള്ളവരെ നമുക്ക് ദൈവത്തിൽ നാം വിശ്വസിക്കുക കർത്താവിൽ വിശ്വസിക്കുക കർത്താവിലൂടെ എനിക്ക് ദൈവത്തെങ്കിലേക്ക് എൻ്റെ ഈ തെറ്റിൻ്റെ മധ്യത്തിൽ എൻ്റെ ഈ കുറവിൻ്റെ മധ്യത്തിൽ എൻ്റെ ഈ പാപത്തിൻ്റെ മധ്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ രക്തം എൻ്റെ പാപത്തെ കഴുകി യേശുക്രിസ്തുവിലൂടെ എനിക്ക് ദൈവത്തിങ്കിലേക്ക് മടങ്ങി ചെല്ലാം എന്നുള്ള ഉറപ്പ് യേശുവിൻ്റെ ഒരു ആർദ്രമായ ആർദ്രതയുള്ള യേശുവിൻ്റെ കണ്ണുകൾ കണ്ട് കർത്താവെ എനിക്ക് അങ്ങിലേക്ക് മടങ്ങി വരാം കർത്താവ് എനിക്ക് അങ്ങിലേക്ക് മടങ്ങി വരുവാനായിട്ട് അങ്ങ് ഒരു ക്രൂശിലൂടെ ഒരു മാർഗം ഒരുക്കിയിട്ടുണ്ട് എനിക്ക് കർത്താവ് സമാധാനത്തിൻ്റെ വഴി അങ്ങ് നൽകുന്നു എന്നുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടാവണം നമ്മൾ കൊലോസി ലേഖനം മൂന്നാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യം കൊലോസി മൂന്നാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യം അവിടെ ഇങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ ലെറ്റ് ദ പീസ് ഓഫ് ക്രൈസ്റ്റ് റൂൾ ഇൻ യുവർ ഹാർട്സ് അത് మట പല ട്രാൻസ്ലേഷൻസില അത് കുറച്ചുകൂടി വിശദമായിട്ട് എഴുതിയിരിക്കുന്നു ലെറ്റ് ദ पीस ഓഫ് ക്രൈസ്റ്റ് ആക്ട് ആസ് എ റെഫറി ഇൻ യുവർ ഹാർട്ട് ക്രിസ്തുവിന്റെ సమాధానം നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു റെഫറി ആയിട്ട് ആക്ട് ചെയ്യട്ടെ ഒരു ആംപ്ലിഫൈഡ് ബൈബിൾ പറയുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിനെ વિરોધമായ എന്തെങ്കിലും കാര്യം ഉയർന്നു വരുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾക്ക് നഷ്ടമാകുന്ന സമാധാനം അതുടനെ നിങ്ങൾക്ക് ആ ബോധ്യം നൽകട്ടെ എന്നുള്ള രീതിയിലാണ് അവിടെ പറയുന്നത് അപ്പോൾ പ്രിയ സൗരീസ്വന്മാർ പലപ്പോഴും ഈ ലോകത്തിലെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഭാരങ്ങളുണ്ട് അങ്ങനെയുള്ള കലക്കം നമ്മുടെ ഹൃദയത്തിൽ വരാം എന്നാൽ അതല്ലാതെ പലപ്പോഴും ചില സമയങ്ങളിൽ നമ്മുടെ ഹൃദയത്തിൽ വരുന്ന കലക്കം ആ കലക്കം ചില പാപങ്ങൾ കൊണ്ട് വരുന്ന കലക്കമായിരിക്കുക ദൈവം ആഗ്രഹിക്കാത്ത രീതിയിലുള്ള എൻ്റെ ഒരു സംസാരം ദൈവം ആഗ്രഹിക്കാത്ത രീതിയിലുള്ള ഒരു നോട്ടം ദൈവം ആഗ്രഹിക്കാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റം ദൈവം ആഗ്രഹിക്കാത്ത രീതിയിലുള്ള ചില കാര്യങ്ങൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹൃദയത്തിൽ അസ്വസ്ഥതയുണ്ട് ഹൃദയത്തിൽ കലക്കമുണ്ട് അപ്പോൾ ആ സമാധാനം നഷ്ടപ്പെട്ടു പോയി ഒരു റെഫറി ആയിട്ട് എനിക്ക് മനസ്സിലായി എനിക്ക് ദൈവത്തോടിപ്പോ നിരപ്പില്ല എൻ്റെ ഹൃദയത്തിൽ എനിക്ക് സമാധാനമില്ല അങ്ങനെ സമാധാനം ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ ശരി എന്നാൽ പിന്നെ ഞാൻ നേരിട്ട് ആ എന്നാൽ ഞാൻ അങ്ങ് ദൈവത്തിൽ വിശ്വസിക്കുന്നു ഉടനെ എനിക്ക് സമാധാനം ഞാൻ ദൈവത്തിൽ വിശ്വസിക്കും ആ സമാധാനത്തിൻ്റെ വഴിയിലേക്ക് അതിനിടയിൽ ഞാൻ ക്രിസ്തുവിലൂടെ ഒരു അനുതാപത്തിൻ്റെ വഴിയിലൂടെയാണ് ആ സമാധാനം പ്രാപിക്കേണ്ടത് നമുക്ക് യോ ലു ലുക്കോസ് ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ നമുക്ക് പത്രോസിൻ്റെ കാര്യം തന്നെ നമ്മൾ പത്രോസിനെക്കുറിച്ചാണല്ലോ ഇവിടെ വായിച്ചത് ലുക്കോസ് ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ പത്രോസിനെക്കുറിച്ച് അവിടെ നമ്മൾ വായിക്കുന്നു പത്രോസ് അൻപത്തിനാലാം ബാക്കി മുതൽ പത്രോസിൻ്റെ ജീവിതത്തിൻ്റെ ഒരു വിവരണം അവിടെ പറയുന്നു അവർ അവനെ പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയി പത്രോസും അകലം വിട്ട് പിൻചെന്നു പത്രോസും അകലം വിട്ട് പിൻചെന്നു പ്രിയ ചെറുപ്പക്കാര പ്രിയ സഹോദര സഹോദരി നിങ്ങളാരെങ്കിലും കർത്താവിനോട് അടുത്ത് വരാതെ കർത്താവിൽ നിന്ന് അകലം വിട്ട് കർത്താവിനെ പിൻപറ്റുന്നവരാണോ കർത്താവിനോട് ഞാൻ അടുത്ത് വന്നാൽ ഞാൻ കർത്താവിനോട് അടുത്ത് ഞാൻ പിൻപറ്റിയാൽ എനിക്ക് പല കാര്യങ്ങളെനിക്ക് വേണ്ടവണ്ണം എനിക്ക് പറ്റുന്നില്ല നിങ്ങളുടെ കോളേജിൽ നിങ്ങളുടെ മറ്റ് പല സാഹചര്യങ്ങളിൽ കർത്താവിനോട് അതുകൊണ്ട് തന്നെ ഒരു കൺവീനിയൻറ്റ് ഡിസ്റ്റൻസ് സൂക്ഷിച്ച് പോവുകയാണ് പോകുമ്പോൾ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ടാവും അവിടെ എന്താ അങ്ങനെ അകലം വിട്ട് പിൻചൊല്ലുന്നതുകൊണ്ട് ഇവിടെ ഇതാ മൂന്ന് പ്രാവശ്യം പത്രോസ് തള്ളി പറയുന്നതായിട്ട് നമ്മൾ കാണുന്നു മൂന്ന് പ്രാവശ്യം അൻപത്തിയാറാം വാക്യത്തിൽ ബാല്യക്കാരി അവനെ കണ്ടുറ്റുനോക്കി ഉടനെ സ്ത്രീയെ ഞാൻ അവനെ അറിയുന്നില്ല അൻപത്തി എട്ടാം വാക്യം നീയും അവരുടെ കൂട്ടത്തിലുള്ളവൻ എന്ന് പറഞ്ഞു പത്രോസ്സോ മനുഷ്യ ഞാൻ അല്ല എന്ന് പറഞ്ഞു അത് വീണ്ടും അൻപത്തി ഒമ്പതാം വാക്യം അറുപതാം വാക്യം അവിടെ വീണ്ടും വേറൊരുവൻ ഇവനും അവനോടുകൂടെ ആയിരുന്നു സത്യം ഇവൻ ഗൈലക്കാരനല്ലോ എന്ന് നിഷ്കർഷിച്ച് പറഞ്ഞു അറുപതാം വാക്യം മനുഷ്യ നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് പറഞ്ഞു അവൻ സംസാരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കോഴിക്കൂവി ഈ രീതിയിൽ ആവർത്തിച്ച് കർത്താവിനെ തള്ളിപ്പറഞ്ഞ ഒരുപക്ഷെ നിങ്ങളുടെ വ്യത്യസ്തമായ കോളേജിലെ സാഹചര്യമായിരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ വ്യത്യസ്തമായ ഇടങ്ങളിൽ അങ്ങനെ തള്ളിപ്പറഞ്ഞ് ഇരിക്കുന്ന ഒരവസ്ഥയിൽ നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനമില്ല ഹൃദയത്തിൽ സമാധാനം നഷ്ടപ്പെട്ടിരിക്കും ഹൃദയം അസ്വസ്ഥമാണ് എന്താണ് നമുക്ക് വഴിയുള്ളത് കർത്താവ് പറയും നിങ്ങളുടെ ഹൃദയം കലങ്ങേണ്ട നിങ്ങൾക്കൊരു വഴിയുണ്ട് യേശു നിങ്ങൾക്ക് കർത്താവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാം രക്തത്താൽ നിങ്ങൾക്ക് ദൈവത്തോടെ നിരപ്പ് പ്രാപിക്കുവാനുള്ളൊരു മാർഗമുണ്ട് നിങ്ങൾക്ക് കർത്താവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി അവിടെ ഇതാ സ്നേഹിക്കുന്ന ഒരു കർത്താവ് ജീവിക്കുന്ന ഒരു കർത്താവ് ഇവിടെ കർത്താവിന് അറുപത്തി ഒന്നാം വാക്യം അവിടെ പറയുന്നു പെട്ടെന്ന് അറുപതാം വാക്യത്തിൻ്റെ അവസാന ഭാഗം പെട്ടെന്ന് കോഴിക്കൂവി അവൻ സംസാരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കോഴിക്കൂവി അറുപത്തി ഒന്നാം വാക്യം അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി ആ കർത്താവിൻ്റെ ആ കണ്ണുകൾ പത്രോസിൻ്റെ കണ്ണുകളുമായിട്ട് ഉടക്കിയപ്പോൾ പത്രോസിൻ്റെ ഉള്ളിൽ കർത്താവ് അങ്ങ് റിയലാണ് അങ്ങ് അങ്ങ് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ റിയലാണ് കർത്താവ് ആ ഒരു വിശ്വാസം അവൻ്റെ ഹൃദയത്തിലേക്ക് വന്നു കർത്താവ് നിജമാണ് കർത്താവ് റിയലാണ് കർത്താവ് അത് റിയലാണ് കർത്താവ് പറഞ്ഞ് ഞാൻ ഇപ്പോൾ താൽക്കാലികമായ ചില സുഖങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതാ കർത്താവിനെ തള്ളി ഞാൻ മുമ്പോട്ട് പോയി എന്നാൽ കർത്താവ് റിയലാണ് ഞാൻ കർത്താവിംഗിലേക്ക് ഞാൻ ദൈവത്തിങ്കിലേക്ക് എനിക്ക് തിരികെ വരണം കർത്താവിൻ്റെ ആ കണ്ണുകൾ അവൻ്റെ ഹൃദയത്തിൽ അവൻ്റെ കണ്ണുകളിൽ നനവുണ്ടാക്കി അവൻ അവിടെ അതി ദുഃഖത്തോടെ അറുപത്തിരണ്ടാം വാക്യം ഇന്ന് കോഴിക്കോവും മുമ്പേ നീ മൂന്ന് വട്ടമനെ തള്ളി പറയുമെന്ന് കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക് പത്രം ചോർത്തു പുറത്തിറങ്ങി അതി ദുഃഖത്തോടെ കരഞ്ഞു വായിക്കുന്നു നമുക്ക് ഈ ഒരു വഴിയിലൂടെ അനിതാപത്തിൻ്റെ ഒരു വഴിയിലൂടെ ആതി ദുഃഖത്തോടെ കരയുന്നതിലൂടെ നമുക്ക് വീണ്ടും ആ ഒരു റിയാലിറ്റിയിലേക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്കുള്ള ഒരു ബന്ധത്തിലേക്ക് ദൈവത്തിലോടുള്ള ഒരു നിരപ്പിലേക്ക് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സമാധാനത്തിൻ്റെ ഒരു വഴിയിലേക്ക് വരുവാനായിട്ട് കഴിയും അപ്പോൾ ഇവിടെ പലതരത്തിലുള്ള ഈ ലോകത്തിലുള്ള പലതരത്തിലുള്ള രോഗങ്ങളാൽ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുകളുള്ള കലക്കം ഉള്ള പലരുണ്ട് അവരെ സംബന്ധിച്ചോളൂ അവരോട് ദൈവം പറയുന്നു ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എൻ്റെ അടുക്കിലേക്ക് വരിക ഞാൻ ഈ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഞാൻ മതിയായവനാണ് നിങ്ങളുടെ രോഗങ്ങളുടെ മധ്യത്തിൽ ഞാൻ മതിയായവനാണ് നിങ്ങളുടെ ജീവിത സാരികളുടെ മധ്യത്തിൽ ഞാൻ മതിയായവനാണ് എന്ന് കർത്താവ് പറയുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പാപത്തിന്റെ ഭാരവുമായി അധ്വാനിക്കുന്നവരും പാരം ചുമക്കുന്നവരുമായി നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവേൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം പറയുന്നു കർത്താവ് ആ ഭാരവുമായിട്ടാണോ നിങ്ങൾ വരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങിയിരിക്കുന്നത് പാപത്തിൻ്റെ ഭാരത്താലാണോ അങ്ങനെയാണെങ്കിലും നിങ്ങൾക്കിതാ നിങ്ങളെ സ്നേഹത്തോടെ നോക്കുന്ന ആ കർത്താവിൻ്റെ കണ്ണുകൾ നിങ്ങളുടെ കണ്ണുകളിൽ ഒന്ന് ഉടക്കട്ടെ ആ കർത്താവിൻ്റെ കണ്ണുകളുടെ മുമ്പിൽ നിങ്ങളുടെ കണ്ണ് ഒന്ന് നനയട്ടെ അത് ദുഃഖത്തോടെ കർത്താവെ ഞാൻ എത്രനാൾ എത്രനാൾ കർത്താവെ അങ്ങെ തള്ളിപ്പറഞ്ഞ് ഞാൻ പോകോട്ട് പോകും എത്രനാൾ കർത്താവെ ഞാൻ ഈ വഴിയിൽ ഞാൻ അങ്ങിൽ നിന്ന് മാറിപ്പോകും അങ്ങനെ എത്രമാത്രം സ്നേഹിക്കുന്നു കർത്താവെ അങ്ങയുടെ സ്നേഹത്തിന് മുമ്പിൽ ഇതാ കർത്താവെ ഞാൻ തിരികെ വരുന്നു അങ് ഒരു റിയലാണ് അങ്ങ് റിയലാണ് കർത്താവ് ഞാൻ അങ്ങയുടെ എടുക്കലേക്ക് ഞാൻ വരുന്നു അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ എന്നെ ശുദ്ധീകരിക്കണമേ എന്നെ അങ്ങയുടെ വീണ്ടും അങ്ങയുടെ മകനാക്കി മകളാക്കി അങ്ങ് നൽകുന്ന സമാധാനം ക്രിസ്തുവിന്റെ സമാധാനം എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് നൽകണമേ കർത്താവേ ആ ക്രിസ്തുവിന്റെ സമാധാനം ഹൃദയത്തിൽ നിറഞ്ഞവരായി ഇന്നൊരു പുതിയ തുടക്കം ആ രീതിയിൽ എന്തുകൊണ്ടായിക്കൂട നാം എന്തിനും സമാധാനമില്ലാത്തവരായി ആ രീതിയിൽ നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകണം കർത്താവ് നാം സമാധാനം ഉള്ളവരായി ഹൃദയത്തിൽ സ്വസ്ഥതയുള്ളവരായി സമാധാനമുള്ളവരായി ജീവിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു അതിനുള്ള വഴി കർത്താവ് ഒരുക്കിയിട്ടുണ്ട് അവിടുന്ന് ക്രൂശല്യാഗമായി തീർന്ന് രക്തം ചിന്തക മാത്രമല്ല അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമുക്ക് വേണ്ടി അവൻ പക്ഷപാതം ചെയ്തു ആ കർത്താവിൻ്റെ സ്നേഹത്തിന് മുമ്പിൽ കർത്താവിൻ്റെ ആർദ്രതയുടെ മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ കൊടുക്കാം ആ വഴിയിലൂടെയും നമുക്ക് നമുക്ക് ഈ സമാധാനം നമുക്ക് അനുഭവിക്കാം അമിത